വേദക്കാരെ അവരിലെ സത്യനിഷേധികളെ ആദ്യത്തെ കൂട്ടം ചേർക്കലിൽ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയത് അവനാണ് അവർ പുറത്തു പോകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല തങ്ങളുടെ കോട്ടകൾ അള്ളാഹു സുബഹാനഹുവറ്റ ആലായുടെ ശിക്ഷയിൽ നിന്ന് തങ്ങളെ സംരക്ഷിക്കുമെന്നവർ കരുതി എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത വശത്തുനിന്ന് അള്ളാഹു സുബഹാനഹുവറ്റ ആല അവരെ തേടിയെത്തി അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഭയം നിറച്ചു അങ്ങനെ അവർ തങ്ങളുടെ വീടുകൾ സ്വന്തം കൈകൾ കൊണ്ടും വിശ്വാസികളുടെ കൈകൾ കൊണ്ടും തകർത്തു അതിനാൽ കാഴ്ചയുള്ളവരെ നിങ്ങൾ പാഠം